chains live in ക്ഷണമം തോമ്യൂലം ഭഷ്യം ഓങ്കാരാതീലം തദപ്യോങ്ക <middly> ി പ്രജ്ഞ സോനവിംശതി മുഖസ്തുലഭു വയസ്വാന പദ സ്വപ്നസ്ഥാനോകോനവിശമുഖ പ്രവേദിജസോ ദ്ദയോ കമം കാമയം പശ്യത് തത്സുദ്ധം സുശുദ്ധസ്ഥീഭൂത പ്രജ്ഞാനഘന എനന്ദമയൂഹ്യാനന്ദ ചേദോ മുഖപ്രാജസ്തൃതീയപാദ ന്തരിയാം പ്രജ്ഞംേദ പ്രജ്ഞം പ്രജ്ഞാനധനം ന ദൃശ്യം അവ്യവാര്യമ്രാഹ്യം അനക്ഷണം അചിന്യം അഭ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപരം ശാന്തം ശിവം അദ്വൈതം ചതുർം മഞ്ഞത്തെ സ ജനോ വൈശ്വാൻ മകാര പ്രഥമ മാത്രമ ആത്മാതിക സർവാൻ കാതിഷവ സ്വപ്നസ്ഥാനോ ദ്ധ്യമാത്ര ഉദ്ധയ ഉനസമ്പ ീതർവാ ുധംസം മാത്രോ വ്യോഹിഹ പ്രപഞ്ചോ വശമസേ ആ സംവിശതി ആത്മനുവേദ ഉപായീയാക്ഷിപ്തം കാമഭോഗം ന മനസോനഗൃാ ഉപയോഗ ഉച്ച മാത്രമേവ മനോനിഗ്രഹ ഉപായത് അപരിഖിന്ന വ്യവസായം അപരിഖേദ തളരാതെ പണിയെടുക്കുക അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മനസ്സിനെ നിഗ്രഹിക്കുന്നതിന് ഉപ്പായം മനസ്സിന്റെ നിഗ്രഹം എന്നുള്ള ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ആത്മാവിനുറപ്പിക്കുക ആത്മധ്യാനത്തെ തന്നെയാണ് ഇവിടെ മനോനിഗ്രഹം എന്ന് സ്വരൂപ ധ്യാനം തന്റെ വാസ്തവ സ്വരൂപം എന്താണെന്നു ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കി അതിനെ ധ്യാനിക്കുക അത് ഫലപ്രദമായിരുന്നെങ്കിലും തടരാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആത്മാത്മതത്വം വെളിപ്പെടുന്നു അവിടെ മനസ്സ് വേറിട്ട് നിൽക്കുന്നില്ല നേരത്തെ പറഞ്ഞു ആത്മാവിൽ നിന്ന് ഭിന്നമാണ് മനസ്സ് അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ഭിന്നമായ മനസ്സ് അതിനെ കാണുന്നവനാണ് ധ്യാനിക്കേണ്ടതെന്നുള്ളത് മനോനിഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഭിന്നമായ മനസ്സിനെ പിന്നെ കാണുന്നുണ്ട് അതിനുള്ള ഉപായം ഒന്ന് തളരാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപരിഖിന്ന വ്യവസായവാൻ സൺ ഭക്ഷ്യമാണ് ഉപായേന കാമഭോധവിശേഷ വിക്ഷിപ്തം മനോ നിഗ്രഹിയ അങ്ങനെ പരിശ്രമിക്കുന്നവൻ കൂടി അവരിഖിന്ന വ്യവസായവാൻസൻ അങ്ങനെ ആയാലും ശരി ഒരാൾ എത്ര വേണമെങ്കിലും പരിശ്രമിക്കാൻ തയ്യാറാണ് മനസ്സിനെ നിരോധിക്കുന്നതിന് വേണ്ടി പക്ഷെ മനസ്സിന് നിരോധിക്കപ്പെടുന്നില്ല എങ്ങനെ കാമഭോഗ വിശേഷം ഉക്ഷിപ്തം കാമം സങ്കല്പത്തിലുള്ള വിഷയം ഭോഗം അനുഭവിക്കുന്ന വിഷയം അനുഭവത്തിൽ ലഭിക്കാത്തതിനെ കുറിച്ച് സങ്കല്പിക്കുന്നു എന്തെങ്കിലും അത് അനുഭവത്തിൽ ഉണ്ടാകുമെന്ന് സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് അനുഭവിച്ചതിനെ സ്മരിക്കുന്നു ഇങ്ങനെയല്ല അനുഭവിച്ചിരുന്നു എന്ന് സ്മരിക്കുന്നു അപ്പൊ അതെല്ലാം കാമത്തിലായി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഭോഗങ്ങളായി അങ്ങനെയുള്ള വിഷയങ്ങളിൽ വിക്ഷിപ്തം മനഃ അങ്ങനെയാണ് മനസ് സർവമനസ്സും അങ്ങനെയാണ് എല്ലാ മനസ്സുകളും വിക്ഷിപ്തമാണ് അല്ലെങ്കിൽ മനസ്സില്ലാതിരിക്കും ആത്മഭിന്നമായി പറഞ്ഞതുപോലെ തത്വജ്ഞന്റെ മനസ്സ് പോലെ ആയിരിക്കും നമ്മുടെ ആത്മഭിന്നമായി മനസ്സില്ല അല്ല മനസ്സെന്നു പറയുന്നതിന് ഒരാൾ തിരിച്ചറിയുന്നു ഇതെന്റെ മനസ്സാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ മനസ്സ് വിക്ഷിപ്തമായി അങ്ങനെയുള്ള മനസ്സിനാണ് നിഗണിയാ നിരുദ്ധ്യാദ് നിരോധിക്കേണ്ടത് അപ്പം നിരോധിക്കാന്ന് പറയുമ്പോൾ ലോകത്തിൽ പറയുന്ന നിരോധമാണ് യോഗത്തിൽ എന്താണോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ ധാരണയ്ക്ക് വേണ്ടി കല്പിക്കും എന്നിട്ട് അതിന് മനസ്സിനെ ധാരണ ചെയ്യും ഇവിടെ അതുപോലെ പ്രത്യേക ഇവിടെ പറയുന്നു ആത്മന്യേവ ഇവിടെ മനോനിരോധം തന്നിൽ തന്നെ സംഭവിച്ചു മനസ്സ് മനസ്സിന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യണം എന്നാൽ ഇവിടെ പറയുന്ന നിരോധം സംഭവിച്ചു അതിന് പറയുന്നു ആത്മനീയവ എന്തിന്റെ ആത്മാവും മനസ്സിന്റെ തന്നെ ആത്മാവും മനസ്സിന്റെ ആത്മാവിൽ മനസ്സരിക്കണം മനസ്സിന്റെ സ്വരൂപത്തിൽ മനസ്സരിക്കണം മനസ്സിന്റെ സ്വരൂപം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്ന് വേറിട്ട് മനസ്സില്ല ആത്മസ്വരൂപമായ തന്നിൽ നിന്ന് വേറിട്ട് മനസ്സില്ല അപ്പോൾ ആത്മസ്വരൂപമായ തന്നെയാണ് മനസ്സിന്റെ സ്വരൂപം അതിൽ മനസ്സിനെ നിരോധിക്കണമെന്ന് പറഞ്ഞത് ആത്മന്യ ഏവാന്നു പറഞ്ഞിരിക്കുന്നത് എന്താണോ മറ്റു ഒരു തരത്തിലുള്ള ധ്യാനരീതികളെയും ഇവിടെ അംഗീകരിക്കുന്നത് മനസ്സ് എവിടെ നിന്നാണോ സ്പന്ദിച്ചുയറുന്നത് അവിടേക്കും മനസ്സ് അസ്പന്ദമാവണം മനസ്സിനെ അങ്ങനെ അസ്പന്ദമാക്കുന്നതാണ് ഇവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത് അത് സംഭവിക്കണം അത് സംഭവിക്കുന്നതിന് തടസ്സമെന്താണ് കാമഭോഗ വിശേഷ വിക്ഷിപ്തം കാമഭോഗ വിഷയങ്ങളിൽ മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നു വിക്ഷിപ്തമായിരിക്കുന്നൊണ്ട് മനസ്സ് അങ്ങനെ നിഗ്രഹിക്കപ്പെടുന്നില്ല മനസ്സ് തന്നിൽ തന്നെ വിലയിക്കുന്നില്ല അതുകൊണ്ട് മനസ്സ് തന്നിൽ തന്നെ വിലയിക്കണമെങ്കിൽ കാമഭോഗ വിഷയങ്ങളിൽ നിന്നും മനസ്സ് ദുർമുഖമായിരിക്കുന്ന മനസ്സ് പിന്മാറണം അത് പിന്മാറാൻ ആത്മാവിനോട് അതിനെ താത്പര്യം വന്നാലേ പറ്റൂ ആത്മാനുസാന്തനം കൊണ്ടേ സാധ്യമാവും പിൻചുസംജിതം മനസ്സിനെ ആത്മാവിൽ ിക്കാന്ന് പറയുമ്പോൾ അതിന് വരുന്ന തടസ്സങ്ങളെ കുറിച്ച് പറയണം ഒന്നും മനസ്സ് ദൗർമുഖമാകും കാമഭോഗ വിഷയങ്ങളിലേക്ക് മനസ്സോടിപ്പോവും അതൊന്നു മറ്റൊന്നെന്താണോ അതിനെ പരിശ്രമിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു ആത്മധ്യാനത്തിലേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുപറയുന്നു ലിയതെ അസ്മിന്യതിയിലേക്ക് അത് ലയിച്ചു മനസ്സിലായി ആ ലയം എന്ന് പറയുന്നെന്താണ് സുപ്രസന്നം ആസവർജിതം ആണ് ധ്യാനിക്കുന്നതിന് ആയാസമുണ്ട് കാരണം വിക്ഷിപ്തമായ മനസ്സിനെ തിരിച്ച് തന്നിലേക്ക് കൊണ്ടുവരണം ഇവിടെ പറയുന്നു സുഷുപ്തിയിൽ ലയത്തിൽ ഉറക്കത്തിന് ആയാസം ഇല്ല അതുമാത്രമല്ല സുപ്രസന്നമാണ മനസ്സോട് പ്രസന്നമാകുന്നു മനസ്സ് പ്രസന്നമാകുന്നതുകൊണ്ടാണ് ഉണരുമ്പോൾ ഉന്മേഷം തോന്നും ക്ഷീണം മാറി ഉറക്കത്തിൽ നിന്നും വളരെ ഉന്മേഷത്തോടുകൂടി വരുന്നു മനസ്സ് സുപ്രസന്നമാകുന്നു സഹജമായി സംഭവിക്കുന്നു ആയാസവർജിതമായി സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിലും അഭിഗ്രിയ നിഗ്രഹിച്ചേ മതിയാവും അതിന് മനസ്സിന് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് ധ്യാനിക്കാനിരിക്കുന്നു മനസ്സെന്തുകൊണ്ടും ഉറങ്ങിക്കളയുന്നു മനസ്സിനത് ഇഷ്ടമുള്ളതാണ് കാരണം അതിനായാസമില്ല സുപ്രസന്നമാണ് മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ് ലൈകുപ്രസന്നം ചെയ്ത് കസ്മാ നിഗ്രഹിത രീതി ഇതിരെ അനായാസമായി സംഭവിക്കുന്നു ആ അനുഭവം ദുഃഖശൂന്യമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെന്തിനു നിഗ്രഹിക്കണം അതൊരു നല്ല അവസ്ഥയാണല്ലോ ഉറക്കവും ഒരു നിർവൃതിയാണല്ലോ ചിലരങ്ങനെ പറയുന്നുണ്ടോ ഉറക്കം തന്നെ നിർവൃതി ഉറക്കത്തിനപ്പുറം ഒന്നുമില്ല ഉറക്കം തന്നെ സമാധി ഉറക്കം തന്നെ മോക്ഷം അങ്ങനെ പറയുന്ന ഉറക്കവാദികൾ പറയുന്നു അതല്ല ഇവിടെ പറയുന്നത് സുപ്രസന്നം സി കവസ്മാണെങ്കിൽ എന്തിനു നിഗ്രഹിക്കണം വിശ്വതേ യസ്മാനർ തഥാലയോ എങ്ങനെയാണോ ബാഹ്യമായി മനസ്സിനെ ബഹിർമുഖമാക്കുന്ന ആ കാമം സർവ്വ അനർത്ഥത്തിനും കാരണമായിരിക്കുന്നതും അനർഥം എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുന്നു അവിടെ എത്തിപ്പിക്കുന്നില്ല ആ രീതിയിലാണ് അനർത്ഥം കാമത്തെ സാർത്ഥകമായി കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സാർത്ഥകമാണ് അർത്ഥ കാമങ്ങളെല്ലാം ആണ് പരമം അതാർജിക്കണം അതിനെ സംരക്ഷിക്കണം അതിന്റെ യോഗക്ഷേമങ്ങളിലൊക്കെ താൽപര്യപൂർവ്വം മുഴുകിയിരിക്കുന്നവരാണ് ഒട്ടുമുക്കാർ ജീവനക്കാർ വളരെ അപൂർവം പേര് മാത്രമേ അതെല്ലാം അനർത്ഥമാണെന്ന് കരുതുന്നു അവരെ സംബന്ധിച്ച് പറയണു കാമോ അനർത്ഥേതുവ കാമം അന്നടത്ത ഹേതു തന്നെയാണ് അതുപോലെ തഥാ ലയോഗി അതുപോലെ മുഴുവൻ ജീവന്മാരും മുഴുകിയിരിക്കുന്ന ഒന്നാണ് ലയം നിരന്തരം പ്രവേശിക്കുകയും അവിടെ നിന്ന് മാറി വരികയും ചെയ്തു പക്ഷെ എന്നാലും അത് അന്നടുത്ത കാരണം ഈ മനസ്സിനെ ഒരിക്കലും മോചിപ്പിക്കുന്നില്ല അതാണ് എന്നും ഇതിനെ ഇങ്ങനെ സംസാരത്തിൽ ചുറ്റിക്കറങ്ങാൻ വിട്ടുകൊണ്ടിരിക്കുന്നു അത കാമവിശേഷിച്ച് മനസ്സോ നിഗ്രഹ ലയാതെ നിരോധവ്യം അതുകൊണ്ട് കാമത്തിന് പിറകെ പോകുന്ന മനസ്സിനെ നിഗ്രഹിക്കുന്നത് പോലെ ലയത്തിൽ നിന്നും മനസ്സിനെ നിഗ്രഹിക്കണം ഇപ്പം സമാധിക്ക് ഉറങ്ങിയാൽ പോരാ മോക്ഷത്തിന് ഉറങ്ങിയാൽ പോരാ അത് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുമെങ്കിലും അത് ദോഷമുള്ള കാരണം മനസ്സിൽ ഏതെങ്കിലും തരത്തിലൊരു ശാന്തി കടന്നു വന്നാൽ മനസ്സ് സ്വയം ലയിക്കാൻ താൽപ്പര്യം കാണിക്കും അത് ലയിച്ചു മനസ്സിലൊരു ശാന്തി വരുന്നത് കൊണ്ടാണ് ആ ശാന്തി വന്നു തുടർന്നാൽ ആ ശാന്തിയെ പിന്തുടർന്നത് വലുതായ ശാന്തിയിലേക്ക് പോവുകയാണ് ആ ലയത്തിലെ സുഷൃക്തിരൂപത്തിലുള്ള ലയത്തിൽ മനസ്സിന് വലുതായ ശാന്തി ലഭിക്കുന്നുണ്ട് സർവപ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങി അത് അതിന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ് അതുകൊണ്ടാണ് ചെറിയൊരു ശാന്തിപരൂം മനസ്സ് ഉറക്കത്തിലേക്ക് പോകുന്നത് പക്ഷെ ഇവിടെ പറയുന്നു അത് കാരണം ഉറക്കത്തിലേക്ക് പോകുന്നത് ഏതാണ് വിക്ഷിപ്തമായ മനസ്സാണ് ഇവിടെ പറയുന്ന സമാധിയിലേക്ക് പോകുന്നത് ഏകാഗ്രമായ മനസ്സും രണ്ടു തമ്മിൽ വ്യത്യാസമാണ് ക്ഷിപ്തമായ മനസ്സിന് ഏകാഗ്രമാകാൻ പറ്റത്തില്ല പക്ഷെ ലയിക്കാൻ പറ്റും ലയത്തിന് വിക്ഷേപം തടസ്സമുണ്ട് പക്ഷെ ഏകാഗ്രമായ മനസ്സ് ആത്മാഭിമുഖമാകുന്നു അവിടെ ആത്മാവ് പ്രകാശിക്കുന്നു അതുകൊണ്ട് ആത്മധ്യാനത്തിലൂടെ മനസ്സിനെ നിരോധിക്കുക അതാണ് ഇവിടുത്തെ ചിത്തവൃത്തി നിരോധം മനോ എന്ന് പറയുന്നത് എന്നാണ് നിഗൃണ്ിക്തോയോ സേ സേവാ യഥാമോയതമൃ കാ അതം സർവമനുസ്മൃത്യം ഉപായത്തിലൂടെ അതിനുള്ള ഉപായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ശരിയായ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിന് നിഗ്രഹിക്കണം എന്നുള്ളത് ശരിയായ മാർഗ്ഗം എന്താണ് മനസ്സിനുഗ്രഹിക്കുന്നതിനുള്ള വിവേകം അതെന്താണെന്നാണ് അടുത്ത് പറയുന്നത് ഉച്ചരെ സർവം ദൈതംഭിതം അനുസ്മൃത്യ വിഷയം മനോരാഗ്യം സർവം ദ്വൈതംഭിതം ദുഃഖം നേരത്തെ പറഞ്ഞു എന്താണിത് അവിദ്യ വിജൃംഭിതമാണ് മനസ്സ്പന്ദനമായിരിക്കുന്ന ഈ ദ്വൈതം ദുഃഖമാണ് കരുതുന്നതും വിദ്യയിൽ പറഞ്ഞു പരിണാമത്തിൽ ദുഃഖമാണ് അങ്ങനെ ദുഃഖമായി അനുസ്മരിച്ചിട്ട് അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞതിനെ സ്മരിക്കുക ശാസ്ത്രം പറഞ്ഞതിനെ സ്മരിക്കുക അങ്ങനെ സ്മരിച്ചുകൊണ്ട് ഈ ദൈതം അതിൽ മുഖ്യമായി വരുന്ന കാമഭോഗങ്ങൾ കാമഭോഗങ്ങൾ മനസ്സിനെ ആകർഷിക്കുമ്പോൾ അവിദ്യകാര്യമാണ് ോർത്ത് ഇത് ദുഃഖം മാത്രമാണെന്നും ചിന്തിച്ചിട്ട് കാരണം കാമഭോഗങ്ങളെന്ന് പറയുമ്പോൾ കമനീയമായിരിക്കുന്നു മനസ്സിന് ഇഷ്ടപ്പെടുന്നു മനസ്സ് കമനീയമായി കരുതുന്ന കാമഭോഗങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നത് അപ്പോൾ അത് ആത്യന്തികമായി ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിനെ ശീലിപ്പിക്കുക മനസ്സിനത് ബോധ്യപ്പെടുന്നെങ്കിലും വീണ്ടും ശീലിപ്പിക്കുക പരിണാമത്തിൽ ഇത് വിഷമാണ് തൽക്കാലത്തിൽ സുഖമെന്ന് തോന്നിയാലും എന്ന് മനസ്സിനെ ഉറപ്പിക്കുക കാമഭോഗ ഇച്ഛാംശിത്തസ്മാ വിപ്രസൃതം മനോ നിർവർത്തി കാമഭോഗത്തിൽ നിന്ന് കാമഭോഗം എങ്ങനെയാണ് വിപ്രസൃതം രൂഢമായിരിക്കുന്നു അങ്ങനെയുള്ള മനസ്സിനെ അനുരക്തമായിരിക്കുന്ന മനസ്സിനെ വിഷയങ്ങൾ അതിൽ നിന്നും നിവർത്തിപ്പിക്കണം വൈരാഗ്യഭാവനയോ വൈരാഗ്യഭാവന എന്താണ് വൈരാഗ്യഭാവന ഇത് ദുഃഖമേവ എന്നുള്ള ചിന്ത ഉണ്ട് അതങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല ചാർവാകൻ പറയും എന്താണോ മത്സ്യം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ മുള്ളുണ്ടെന്ന് കരുതി അത് കഴിക്കാതിരിക്കും അരി ഭക്ഷണം കഴിക്കണമെന്നുള്ളവർ അതിലുമ്മിയുണ്ടെന്ന് വിചാരിച്ച് നെല്ല് ഉമ്മിയോടുകൂടിയായിരിക്കും അത് കഴിക്കാതിരിക്കുന്നു അപ്പോൾ ദോഷത്തെ അവർജനീയമായി വരുന്ന ദോഷങ്ങളെ ഒഴിവാക്കിയിട്ട് സുഖത്തെ മാത്രം അനുഭവിക്കുക അതാണ് വിഷയാനുഭവം ുഃഖത്തെ ഒഴിവാക്കുന്നതാണ് പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് സർവം ദ്വൈതം ദുഃഖമേവ ആത്യന്തികമായിട്ടതെല്ലാം ദുഃഖം തന്നെയാണ് ഒരു ദുഃഖത്തെ ഒഴിവാക്കിയാൽ അത് മറ്റൊരു ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തുന്നതിനുള്ള മാർഗം മാത്രമായി അല്ലാതെ ദുഃഖത്തിൽ നിന്നുള്ള മോചനമല്ല എന്ന് വൈരാഗ്യഭാവന കൊണ്ട് ഈ മനസ്സിനെ നിഗ്രഹിക്കാം നല്ലൊരു ഉപായം അതാണ് വൈരാഗ്യ ഭാവന വിശേഷ ദോഷ ദർശനം എന്നുള്ള അമ്പ വിഷയങ്ങൾ ദോഷത്തെ കാണിക്കുകയോ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കുക പക്ഷെ അങ്ങനെ വിഷയങ്ങൾ ദോഷമാണെന്ന് അറിഞ്ഞ് വരുന്നവരും ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും വീണ്ടും വിഷയങ്ങൾ പോകുന്നതോ മനസ്സിന്റെ ശക്തി അത്രമാത്രമാണ് ഉള്ളിലിരിക്കുന്ന കാമഭോഗങ്ങളുടെ സംസ്കാരം അത്രയും ദൃഢമാണ് അതുകൊണ്ട് ഒരു തവണ മനസ്സ് ബോധിച്ചാലും ശരി വീണ്ടും മനസ്സിന് ക്ഷീണ്ടേക്ക് പോവും അതുകൊണ്ടാണ് പറഞ്ഞത് വിപ്രസൃതം അത്രയും അനിരുക്തമായിരിക്കും അനുരക്തമായിരിക്കും അത്രയും വേർതിരിക്കാൻ മയ്യാദ ചേർന്നിരിക്കുന്നു മനസ് പ്രകടമായ രൂപത്തിനും സംസ്കാര രൂപത്തിനും കാമ്യമായ വിഷയങ്ങളിലൂടെ ചേർന്നേ ഇരിക്കുന്നു അതുകൊണ്ടതിനെ നിവർത്ത ഈ വൈരാഗ്യഭാവനയ വൈരാഗ്യഭാവന കൊണ്ട് അതിനെ നിവർത്തിപ്പിക്കണം അത് ഒരുപായം മറ്റൊരു പായം എന്താണ് ഒന്ന് വൈരാഗ്യഭാവന മറ്റൊന്ന് തത്വഭാവന അജം ബ്രഹ്മ സർവം അനുസ്മൃത്തിയോ വിപരീതം ശാസ്ത്രാചാര്യോപദേശത്തെ അനുസരിച്ച് അനുസ്മരിച്ചുകൊണ്ട് വിപരീതമായിരിക്കുന്ന പശ്യതി കാണാതിരിക്കുക അഭാവാ അതില്ല അത് പരമാർത്ഥമല്ല കാരണം ഈ ദ്വൈതത്തെ കാണുന്നതാണ് ദുഃഖത്തിന് കാരണമായി തീരുന്നത് ത്തെ കാണുമ്പോൾ വിഷയാനുഭവത്തിനുള്ള രാഗമുണ്ടാവും അത് അനുഭവത്തിനുള്ള പ്രതിബന്ധം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും അവിടെ ആ രാഗത്തിന് ഭംഗം വരുന്നു ആ ദുഃഖത്തിന് കാരണമായിത്തീരുന്നു അതുകൊണ്ടത് കാണാതിരിക്കുക അജംബ്രഹ്മസർവം എന്ന് കാണുക അത് ചെയ്യും കൂടാതെ എങ്ങനെ കാണാൻ പറ്റും ആത്മബോധത്തെ ആർജിക്കാതെ ഒരാൾക്ക് എങ്ങനെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കാണുന്നതിന് വേണ്ട ആത്മബോധത്തെ ആർജിച്ചുകൊണ്ട് ഗുരുവിനെന്നും ശാസ്ത്രത്തിൽ നിന്നും ആർജിച്ചുകൊണ്ട് അതാണ് ശാസ്ത്രാചാര്യം ഉപദേശിച്ചത് അനുസ്മൃത്യം അങ്ങനെ അറിഞ്ഞുകൊണ്ട് ദ്വൈതത്തെ കാണാതിരിക്കും എന്തുകൊണ്ടാണ് ഭാവ പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല അതാരോപിതമായും കൽപ്പിതമായും നിലനിൽക്കുന്നു ഇത് മറ്റൊരു പായം ഒന്ന് വൈരാഗ്യ ഭാവന കൊണ്ട് ഈ വിഷയങ്ങൾ ഒഴിവാക്കുക മറ്റൊന്ന് പരമാർത്ഥ ബോധം കൊണ്ട് ദൈവത്തെ ഇല്ലാതാക്കുക ഇതൊക്കെ ഒരു ജീവൻ സ്വന്തം പരിശ്രമം നേടേണ്ട കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഈ പ്രാഥമികമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ധ്യാനത്തിന് വേണ്ട ബഹിരംഗ സാധനങ്ങളെ കുറിച്ച് दुखं ുഃഖംസ്മൃ കാ പാമോർത്ത അജംനുസ്മൃത്യാ ജാതം നൈവേ സമ്പോധയത് ചിത്തം ശമയത് പുനഃ സമപ്രാപ്ത ഇത് വളരെ പ്രസിദ്ധമായൊരു കാര്യമാണ് എങ്ങനെ ധ്യാനിക്കണമെന്ന് പറയുകയാണ് അതും ആത്മധ്യാനത്തെക്കുറിച്ച് അതിന് ബഹിരംഗമായ രണ്ട് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു ഒന്ന് വൈരാഗ്യഭാവന മറ്റൊന്ന് പരമാർത്ഥബോധം മനനത്തിലൂടെ ലഭിക്കുന്ന പരമാർത്ഥബോധം അത് രണ്ടും ബഹിരംഗമായി നിന്നു കഴിഞ്ഞാൽ അന്തരംഗമായി ചില ആന്തരികമായ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്കാണ് ഇത് വേണ്ടത് ലയേധയെ ചിത്തം ദേവം മനയുന്ന ജ്ഞാനാഭ്യാസ്യ ഉപായുന ലയെ സുഹൃത്തേലീന സംബോധയെ മനഃ സുഷുത്തിനെന്ന് തുടങ്ങിയാണ് കാരണം ധ്യാനത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് സുഷുതിയാണ് ധ്യാനിക്കാൻ തുടങ്ങുന്നവർക്ക് ആദ്യം വരുന്ന സമാധി സുഷുതിയാണ് അത് കഴിഞ്ഞ് ബാക്കി സമാധികളെല്ലാം വരും പറഞ്ഞല്ലോ അത് സുപ്രസന്നമാണ് അതുകൊണ്ട് അതിന് പരിശ്രമം ആവശ്യമാണ് സഹജമായ ഒരു കാര്യത്തിന് ഇതിനാ പരിശ്രമം അതുകൊണ്ടത് സ്വാഭാവികമായിട്ടും ധ്യാനം തുടങ്ങുമ്പോൾ മനസ്സ് ലീനമായ അവസ്ഥയിലാകും അത് സൃഷ്ടിയിലേക്ക് പോകും അതിനെ സംബോധിയെ മനഃ അതിനെ ഉണ്ടർത്തണം മനസ്സിന്റെ ഉണർവ് നഷ്ടപ്പെടുന്നതാണ് സുശൃത്തി മനസ്സിന് ഗ്ലാനി സംഭവിക്കുന്നു ക്ഷീണ സംഭവിക്കുന്നു മനസ്സിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ മനസ്സിൽ വരുന്ന സഹജമായ ഒരു ഭാവമാണ് ലയം മനസ്സ് എവിടേക്കോ പോയി മറിയുന്നു മനസ്സവിടെയില്ല എന്ന് പറയാൻ പറ്റും ലയിച്ചിരിക്കുന്നൊരു മനസ്സിലാണ് നമുക്ക് കാണാനും പറ്റുന്നില്ല പക്ഷെ മനസ്സ് ക്ഷണത്തേക്ക് മാറിപ്പോയി മനസ്സിന്റെ ആ മാറ്റത്തേക്കൂടെ ലയം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിനെ സംബോധിപ്പിക്കണം ഉണർത്തണം എന്ന് വെച്ചാൽ ആത്മവിവേക ദർശനേന യോജി ആത്മവിവേക ദർശനം ഉണ്ടാക്കണം മനസ്സും ആത്മപ്രകാശത്വം മനസ്സിനുണ്ടാക്കണം ധ്യാനം എന്ന് പറയുമ്പോൾ മനസ്സ് തന്നെ മനസ്സിന്റെ പ്രകാശത്തെ അന്വേഷിക്കുന്നതാണ് മനസ്സ് പ്രകാശമുള്ളതാണ് തേജോമയുമാണ് മനസ്സ് എന്നാലും അതിന്റെ പ്രകാശത്തെ അന്വേഷിക്കുന്നതിന്റെ വാസ്തവ പ്രകാശത്തെ അത് അന്വേഷിക്കുന്നു മനസ്സ് വാസ്തവത്തിൽ മനസ്സ് മനസ്സിനെ തന്നെയാണ് ധ്യാനിക്കുന്നത് അല്ലാതെ മനസ്സെത്താത്ത ആത്മാവിനെങ്ങനെ ധ്യാനിക്കാൻ പറ്റും മനസ്സ് ആത്മാവിൽ നിന്ന് എന്ന് പറയും അപ്പം നമ്മൾ ആത്മധ്യാനം സ്വരൂപസ്ഥാനം സ്വരൂപധ്യാനം എന്നുള്ള ശബ്ദങ്ങളെല്ലാം പ്രയോഗിക്കുമെങ്കിലും വാസ്തവത്തിൽ മനസ്സ് ധ്യാനിക്കുന്ന മനസ്സിനകത്ത് തന്നെ അത് കൂര് ഇരുട്ടുള്ളവർ വനത്തിൽ അകപ്പെട്ട ഒരാളെ പോലെയാണ് കൊടുംബനത്തിൽ പൊട്ടാപ്പകലും കൂരിട്ട കൊടുംബനത്തിന്റെ ഉള്ളിൽ പോയിട്ടുള്ളവർക്കറിയാം എന്റെ ഉള്ളിൽ പ്രകാശം കിടന്നെയാണ് രാത്രി പോലെ തന്നെയായിരുന്നു പകൽ വനത്തിന്റെ ഉള്ളിൽ പകലാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ ഇരട്ടെന്ന് മാത്രമേ അറിയാവൂ ഇരുട്ട് പകലും വരാം കൃത്രിമായി സൃഷ്ടിച്ചാൽ രാത്രി വരുന്നതുപോലെ പകലും വരാം കൂടാത്ത ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് രാത്രി പകൽ എന്നുള്ള ഭേദം കൂടാതെ ഇരുട്ട് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അങ്ങനെ ഇരുട്ട് മാത്രമുള്ള ഒരു കൊടുങ്കാട് അതീ മനസ്സ് തന്നെ ആ കൊടുങ്കാട്ടിൽ ഈ മനസ്സ് തന്നെ ഒരു വെളിച്ചത്തെ ധ്യാനം ആത്മധ്യാനം പലപ്പോഴും നിരാശയായിരിക്കും കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അനുഭവം എന്തുകൊണ്ടാണ് ഇങ്ങള് കണ്ണടച്ചിട്ട് നോക്കുന്നത് കണ്ണിൽ തന്നെയാണ് നോക്കുന്നത് കണ്ണിന്റെ മുമ്പിൽ ഒരു മറ വച്ചിട്ട് നോക്കിയാൽ എന്താ കാണുന്നത് പ്രകാശത്തെ തടയല്ലേ അവിടെ അവിടെ കാണുന്ന ഇരുട്ട് അപ്പൊ കണ്ണടച്ച് കണ്ണിൽ നോക്കിയാൽ ഇരുട്ടേ കാണത്തുള്ളു ആ ഇരുട്ടെവിടുന്നു വന്നത് ആ മനസ്സിന്റെ തന്നെ ഇരുട്ടാണ് ഈ കൊടും കാടു ഇരുട്ട് അവിടെ മനസ്സിൽ നിന്ന് ഒരു വെളിച്ചത്തെ കാണാൻ ശ്രമിക്കുകയുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് ശാസ്ത്രാചാര്യ ഉപദേശ മനുസ്മൃത്യ അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്ന കാട്ടിൽ ശാസ്ത്രവും ആചാര്യനും എല്ലാം ഒരു വലിയ ആ കാട്ടിനെ ആ ഇരുളിനെ നശിപ്പിക്കേണ്ട ഒരു ചെറിയ വിളക്ക് ഒരു ചെറിയ പ്രകാശം അവിടെ ജലിപ്പിച്ചിട്ടുണ്ട് ആ പ്രകാശത്തെ കണ്ടെത്തുക അതിനുള്ള പറയുന്ന ആത്മവിവേക ദർശന ആത്മവിവേക ദർശനം അപ്പൊ ഉള്ളിലേക്ക് നോക്കുക ഉള്ളിൽ ധ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്താ താല്പര്യം മനസ്സിൽ നോക്കുക മനസ്സിനെ ധ്യാനിക്കുക എന്നും മനസ്സിനുള്ളും കുറവില്ല അത് സ്ഥൂലമായ ഒന്നല്ല ഉള്ളും പിറവും വരാം സ്ഥൂലമായ ഒന്നില്ല ഉള്ളും പിറവും വരത്തിള്ളത് ജ്യോതിഷാണ് ജ്യോതിരമായ അതിൽ എന്താണ് പരമാർത്ഥത്തിൽ ഉള്ളും പറവുണ്ട് അത് ഒരു രൂപത്തിൽ ബാഹ്യമായി ഉള്ളും പറവും എല്ലാം ഉള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ പരമാർത്ഥ രൂപത്തിൽ അതിനുള്ളും പിറവില്ല അതുകൊണ്ട് രണ്ടും പറയാം ഉള്ളും പിറവും ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം അങ്ങനെയുള്ള മനസ്സിൽ ഉള്ള പ്രകാശം ഘോരവനത്തിനുള്ളിൽ പ്രകാശം കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശത്തെവിടെ പ്രകടമാക്കുക എവിടെയുള്ള പ്രകാശത്തെ ഇവിടെ കണ്ടെത്തുകയാണ് അതുപോലെ മനസ്സിന്റെ ുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശത്തെ മനസ്സ് കണ്ടെത്തുന്നതാണ് മനസ്സിന് അങ്ങനെ ഒരു ശീലമില്ല അതിന്റെ ഉള്ളിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു ബാഹ്യമായ വിഷയങ്ങളിലേക്ക് പോയി താമഭോഗ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്നുണ്ട് തന്റെ തനതായ പ്രകാശത്തേനും കാണാൻ പറ്റുന്നില്ല ആത്യന്തികമായി മനസ്സൊന്നും ആത്മാവൊന്നും രണ്ടില്ല പറഞ്ഞിട്ടുണ്ട് ഒന്നു തന്നെ അപ്പൊ അതിന്റെ തനതായ പ്രകാശത്തെ കണ്ടെത്തുക മനോരൂപത്തിൽ ആത്മരൂപത്തിൽ കണ്ടെത്തലുകളൊന്നുമില്ല മനോരൂപത്തിൽ കണ്ടെത്താൻ പറ്റും ആ മനസ്സ് പ്രകാശിക്കുന്നത് മനസ്സ് തന്നെ കണ്ടെത്തുന്നു ആ കണ്ടെത്തലിനാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് ആ കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ധ്യാനമാണ് കണ്ടെത്തിയാൽ അത് ശരിയായ ധ്യാനമായി അതിനവിടെ ആത്മവിവേക ദർശനം എന്ന് പറയും അപ്പൊ അതിന് മനസ്സ് തന്നെ സൃഷ്ടിച്ച മറകളില്ലാതെ മറ്റൊന്നുമില്ല എങ്ങനെ ആത്മപ്രകാശത്തെ കണ്ടെത്തുന്നതിനാണ് ആചാര്യൻ പറഞ്ഞത് അനിത്യശുദ്ധ ബുദ്ധമുക്ത സ്വ സ്വരൂപമാണ് സച്ചിതാനന്ദമാണ് വിജ്ഞാനം ആനന്ദമാണ് സത്യം ജ്ഞാനം അനന്തമാണ് ഈ രീതി പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിന്റെ വെളിച്ചമെന്ന് പറയുന്നത് അല്ല ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു ഗുരുവിൽ നിന്ന് ആചാരിൽ നിന്നും കേൾക്കുന്നു ഇതൊരു വെളിച്ചമായി മനസ്സിൽ പറയുകയാണ് ഇതും മനസ്സിന് പരിചയമുള്ള കാര്യമല്ല കാമഭോഗങ്ങളും സച്ദാനന്ദ എന്താ ബന്ധമെന്താ നിരന്തരം കാമഭോഗങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന ഈ മനസ്സിന് സച്ചിദാനന്ദ ഒരു പരിചയം പക്ഷെ ഗുരു പരിചയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ശാസ്ത്രം പരിചയപ്പെടുത്തുന്നു സച്ചിദാനന്ദമാണ് മനസ്സ് സച്ചിദാനന്ദമാണ് മനസ്സിന്റെ വാസ്തുസ്വരൂപം സച്ദാനന്ദമാണ് നശിക്കാത്ത ഉണ്മ അപരിമിതമായ ആനന്ദം ശുദ്ധമായ അറിവ് ഇങ്ങനെയുള്ള ഒരു വെളിച്ചത്തെ മനസ്സിലേക്ക് കൊടുക്കുന്നു ശാസ്ത്രം അല്ലെങ്കിൽ ആചാരം അപ്പോ ആ മനസ്സെന്ത് ചെയ്യുന്നു ആ വെളിച്ചത്തെ പിന്തുടരാണ് അത് തയ്യാറാവുന്നു മനസ്സിൽ അത്തരം ഭാവന വരുന്നത് സച്ചിതാനന്ദം ശുദ്ധോഹം ബുദ്ധോഹം മുക്തോഹം നിരഞ്ജനോഹം ഈ തരത്തിൽ ഭാവന വരുന്നു ഇതാണ് മനസ്സിന്റെ വെളിച്ചമെന്ന് പറയും ഇത് വാസ്തവത്തിൽ പൊടും കാട്ടിലെ വെളിച്ചം പോലെ തന്നെയാണ് കാരണം ഈ നിമിഷം ഈ ഭാവന നിന്നാൽ അടുത്ത നിമിഷം വീണ്ടും മനസ്സ് പോകുന്നത് വിക്ഷേപങ്ങളിലേക്കാണ് കാമചിന്തകളിലേക്കാണ് അതുകൊണ്ട് തിരിച്ചുതിനെ കൊണ്ടുവന്ന് ഇതിന്റെ സ്വരൂപത്തിൽ നിർത്തുക എളുപ്പമല്ല ഈ വിവേക ദർശനം കൂടാതെ അതിന് എന്ന് പറഞ്ഞല്ലോ അജം സർവം മനസ്സ് മൃത്യ സർവം എന്ന് തുടങ്ങിയ തത്വചിന്തയും സഹായിക്കും അപ്പൊ ധ്യാനത്തിൽ മനസ്സ് മനസ്സിനെ കണ്ടെത്തുകയാണ് മനസ്സും മനസ്സിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കണ്ടെത്തുക മനസ്സും മനസ്സിന്റെ യഥാർത്ഥമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്തെ കണ്ടെത്തുകയാണ് അതാണ് യോജനയേറ്റെന്ന് പറഞ്ഞത് ധ്യാനിക്കുന്നവനും മനസ്സ് തന്നെ ധ്യാനവും മനസ്സ് ധ്യാനിക്കേണ്ട വിഷയവും മനസ് അല്ലാതെ നമ്മൾ ധരിക്കുന്നവനെ മനസ്സിന് ആത്മാവിനെ ധ്യാനിക്കാൻ ഒക്കത്തില്ല എന്തുകൊണ്ടാണ് സാധ്യമില്ലാത്തത് ആത്മാവിനെന്ന് വേറിട്ടൊരു മനസ്സല്ല ഉണ്ടെങ്കിൽ ആത്മാവിനെ ധ്യാനിക്കാൻ പറ്റും നമ്മൾ പറയും നമ്മൾ ആത്മാവിനെ ധ്യാനിക്കുകയാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് നമ്മുടെ തന്നെ മനസ്സ് ഉൾക്കൊണ്ടിരിക്കുന്ന ഭാവനകളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആ ഭാവനയുണ്ട് ആത്മാവ് കൂടസ്ഥം അചതം ധ്രുവം എന്നെല്ലാം നമ്മൾ പഠിച്ചില്ലേ അതങ്ങനെ നമ്മുടെ ഭാവനയാവും അപ്പൊ കൂടസ്ഥം അതിലം ധ്രുവം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവന എന്ന് ചോദിക്കും അതിന്റെ വാച്യമാണ് ഭാവന അതിന്റെ ലക്ഷ്യമാണ് ആത്മാവ് ലക്ഷ്യമായിരിക്കുന്ന ആത്മാവിനെ ഒരിക്കലും മനസ്സിന് ധ്യാനിക്കാനൊക്കത്തില്ല പക്ഷെ വാച്യമായിരിക്കുന്ന ഇത്തരം ഭാവനകളെ മനസ്സ് ധ്യാനിക്കുന്നു ധ്യാനിക്കുന്നു പറഞ്ഞാൽ മനസ്സ് അതിനനുസന്ധാനം ചെയ്യുന്നു ആ ഭാവനയെ തുടർച്ചയായി നിലനിർത്തുന്നു മനസ്സിൽ ഇതല്ലാതെന്താ സംഭവിക്കുന്നത് ഒരാൾ കണ്ണടച്ച് മനസ്സിന് ബലമായി പിടിച്ച് ആത്മാവെന്ന് പറയുന്നത് എന്തോ ഒരു വളരെ കഠിനമായൊരു വസ്തുവാണെന്ന് കരുതി മനസ്സിനെ അതിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം കേവലം ഭാവനകളാണ് കഴമ്പില്ലാത്ത ഭാവനകൾ അതൊന്നും ആത്മധ്യാനമല്ല ആത്മധ്യാനം മനസ്സും മനസ്സിനെ തന്നെ അനുസന്ധാനം ചെയ്യുന്നു മനസ്സ് മനസ്സിൻ്റെ എന്ന ഭാവനകളെ അനുസന്ധാനം ചെയ്യുന്നു അപ്പൊ മനസ്സ് മനസ്സിന്റെ ഭാവനകളെ അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ ധ്യാനിക്കുന്ന മനസ്സ് ഭാവനക്ക് വിഷയമായിരിക്കുന്ന മനസ്സ് ഭാവന ചെയ്യുക ഇങ്ങനെ മനസ്സ് മൂന്നായി നിൽക്കുന്നു എന്ന് പറയും അങ്ങനെ പറയുന്നെങ്കിലും അതും പൂർണ്ണമായും ശരിക്കില്ല ശുദ്ധോഹം മുക്തോഹം നിരഞ്ജനോഹം എന്ന് ഭാവന ചെയ്യുന്നു പറയും അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ വാസ്തവത്തിലവിടെ ആ ഭാവനാരൂപത്തിലുള്ള മനസ്സില്ലാതെ രണ്ടാമതൊന്നും ഒന്നില്ല വ്യവഹാരികമായ ആ മനസ്സ് ഭാവനാമയമായി മാറുകയാണ് ഇരുമ്പിനെ പഴിപ്പിച്ചതുപോലെ ഇരുമ്പിനെ പഴിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അഗ്നി കൊണ്ട് പഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് അഗ്നിമയമായി തീരുന്നു ധ്യാനത്തിൽ മനസ്സ് ഭാവനാമയമായി തീരുന്നു അങ്ങനെ ഭാവനാമയമായി തീർന്നാൽ പിന്നെ അവിടെ ധ്യാനിക്കുന്നവനും ധ്യാനവും ധ്യാന വിഷയവും ഒന്നുമില്ല ശരിക്കും ഇവിടുത്തെ ധ്യാനത്തിന് വിഷയമേ ഇല്ല ആത്മധ്യാനത്തിൽ ഭാവനാരൂപത്തിൽ ഉള്ള മനോവൃത്തി അല്ലാതെ രണ്ടാമതൊന്നുമില്ല ആ ഭാവനാരൂപത്തിലുള്ള മനോപെടുത്തി വ്യാവഹാരികമായി ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിനാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് ധ്യാനിച്ചു അപ്പോൾ മനസ്സിലാവും മനസ്സ് ഏകമായ ഒരു ഭാവനയിൽ തന്നെ നിൽക്കുന്നു മറ്റെന്തെങ്കിലും ധ്യാനത്തെക്കുറിച്ചല്ല പറയുന്നു മറ്റൊരു ധ്യാനത്തിനും ഇത് സംഭവിക്കത്തുമില്ല ആത്മധ്യാനത്തെക്കുറിച്ച് പറയുക ശുദ്ധോഹം മുക്തോഹം എന്നുള്ള കേവലമായ ഭാവനയിൽ തന്നെ മനസ്സ് നിൽക്കുമ്പോൾ അത് മനസ്സിന്റെ വ്യാവഹാരികമായ ഭാവം ആ മനസ്സ് ശുദ്ദോഹം മുക്തോഹം എന്നിങ്ങനെ അതിന്റെ വ്യാവഹാരിക ഭാവത്തെ പിടിയുമ്പോൾ അത് അസ്പന്ദതയെ പ്രാപിക്കുമ്പോൾ അത് തന്നെ പാരമാർത്ഥികമാണ് അതിനെ കൂടെ അസംപ്രജ്ഞാത സമാധി എന്ന് നാം പറയും അപ്പൊ ഭാവനയെ തുടരുന്ന ആ മനസ്സ് ആ ഭാവനാരഹിതമായി തീരുന്നു ലയം അങ്ങനെയല്ല ലയത്തിന് ഭാവനയുടെ ആവശ്യമില്ല ശരി നമ്മൾ എനിക്കൊന്നുറങ്ങണമെന്ന് വിചാരിച്ചാൽ ഉറങ്ങി എന്ന് വരാം പക്ഷേ ഉറക്കത്തെ ഭാവന ചെയ്യേണ്ട ആവശ്യമില്ല ധ്യാനത്തിൽ അങ്ങനെയല്ല ഭാവനയിലൂടെ മനസ്സ് എന്ത് സംഭവിക്കുന്നു അത് ഭാവനാരഹിതമായി തീരുന്നു എന്ന് പറയാം അങ്ങനെ പറയാം ഭാവന ചിത്തവ്യാപാരമാണ് അപ്പോൾ ഭാവനാരഹിതം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മനോവ്യാപാരങ്ങളൊന്നുമില്ല മറ്റ് ധ്യാനങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് ബാഹ്യമായ രൂപങ്ങളെ അല്ലെങ്കിൽ മനസ്സിൽ കൽപ്പിക്കുന്ന രൂപങ്ങളെ ധ്യാനിക്കുമ്പോൾ മനസ്സുകൊണ്ട് തന്നെ ആ രൂപത്തെ അന്യമായി കൽപ്പിക്കണം ആദ്യം ചെയ്യുന്നു എന്തിന് ഭാവന ചെയ്താലും അന്യത്വ ബോധം ആദ്യം മനസ്സിൽ വരും അത് ഇന്നതാണ് അന് ശിവനെന്ന് കരുതിയോ വിഷ്ണു എന്ന് കരുതിയോ പരാശക്തി എന്ന് കരുതിയോ എന്തെന്ന് കരുതി ധ്യാനിച്ചാലും മനസ്സിലാദ്യം അന്യത്വ ബോധം വരും ഞാൻ ദിവ്യമായ ഒന്നിനെ ഭാവന ചെയ്യുന്നു ശ്രേഷ്ഠമായ ഒന്നിനെ ഭാവന ചെയ്യുന്നു അതിനെ അന്യമാണെന്ന് സങ്കല്പിക്കേണ്ടി വരുന്നു അതാണ് മറ്റ് ധ്യാനങ്ങളിൽ നിന്നും ആത്മധ്യാനത്തിനുമുള്ള വ്യത്യാസം ആത്മധ്യാനത്തിൽ ഒരു ഘട്ടത്തിനും അന്യഭാവന അന്യത്വഭാവനയും താൻ തന്നെ തന്റെ വാസ്തവ സ്വരൂപം താനെന്ന് പറയുമ്പോൾ അഹന്തേ അഹം തന്നെ അഹത്തിന്റെ വാസ്തവസ്വരൂപം എന്നാണ് ഭാവന ചെയ്യുന്നത് അവിടെ ഒരു കാരണവശാലും അന്യത്വബോധമില്ല പിന്നെ അതിന്റെ ശാസ്ത്രം എന്താണോ ഇവിടെ ഈ ഭാവന സംബന്ധിച്ചേറ്റവും പ്രത്യേകതയുള്ള എന്താണോ മറ്റ് ധ്യാനങ്ങളിൽ നിന്നും ആത്മധ്യാനത്തിലുള്ള പ്രത്യേകത മറ്റ് ധ്യാനങ്ങളിലും മനസ്സിനെ വിഷയാലംഭമാക്കുന്നു ആത്മഭാവനയിലെന്താണോ സംഭവിക്കുന്നത് സമുദ്രത്തിൽ നിന്നും അല ഉയരുന്നതും ആത്മാവിൽ നിന്ന് തന്നെ ആത്മഭാവന ഉയരുകയാണ് മനസ്സ് ത്രിപുടി രൂപത്തിലിരുന്ന് അന്യമായ വിഷയത്തിലേക്ക് മനസ്സിന് ഉറപ്പിക്കുക അതാണ് മറ്റ് ഭാവനകൾ ആത്മഭാവന എങ്ങനെയല്ല സമുദ്രത്തിൽ നിന്നും തരംഗങ്ങൾ വരുമ്പോൾ ആ തരംഗങ്ങൾ എവിടെ നിന്നും വരുന്നു സമുദ്രത്തിൽ നിന്നും അതുകൊണ്ടതിനു തിരിച്ച് സമുദ്രത്തിലേക്ക് ലയിക്കാൻ പറ്റും വേറിടത്തും ലയിക്കാൻ പറ്റുന്നു അതുപോലെ ആത്മഭാവന എന്ന് പറയുന്നത് ശരിക്കും തുര്യണ്ട എന്ന സ്പന്ദനമാണ് മറ്റ് സ്പന്ദനങ്ങളെല്ലാം വിഷയാഭിമുഖമായിരുന്നു ഇവിടെ ആത്മഭാവന അതിനെ തന്നെ വിഷയമാക്കുന്നു അതിന് നയിക്കാൻ മറ്റൊരിടമില്ല നമ്മൾ പറയുമല്ലോ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ വിഷയത്തിൽ മുഴുകിപ്പോയി എന്തിനെ ചിന്തിക്കുന്നു അതായും മാറും രാമനെക്കുറിച്ച് ചിന്തിച്ചാൽ രാമനായി മാറും കാമനെക്കുറിച്ച് ചിന്തിച്ചാൽ കാമനായി മാറും രാവണനെ കുറിച്ച് ചിന്തിച്ചാൽ രാവണനായി മാറും മനസ്സിന്റെ പ്രത്യേകതകൾ അതാണ് വിഷയത്താതാ മനസ്സിനെളുക്കം സംഭവിക്കും ആത്മഭാവനയിൽ അങ്ങനെയല്ല ഇത് ചിത്സമുദ്രത്തിലെ തരംഗങ്ങളാണ് ഈ ഭാവനകൾ ആ ഭാവന ഉയർന്നുകഴിഞ്ഞാൽ അതിന് പിന്നെ വിജയിക്കാൻ വേറെ ഇടമില്ലാതെ ആച്ച് സമുദ്രത്തിലേക്ക് തന്നെ വിലയിക്കുന്നു അതാണ് അതിന്റെ സവിശേഷത സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന ഒരു തരംഗം സമുദ്രത്തിലല്ലാതെ വേറെ എവിടെ വിലയിക്കും അപ്പോൾ ആ തരംഗങ്ങൾ ഉയരുന്നതാണ് മനസ്സിന്റെ വ്യാവഹാരികമായ ഭാവം ഇവിടെ മനസ്സിന്റെ വ്യാവഹാരികമായ ഭാവം എന്ന് പറയുന്നത് ആത്മാഭിമുഖം ആത്മഭാവനയിൽ ആത്മാവിൽ നിന്ന് തന്നെ മനസ്സ് സ്പന്ദിച്ചു വരുന്നു ആ സ്പന്ദിച്ചു വരുമ്പോൾ പറയുന്നുകൊണ്ടാണ് ഞാൻ ആത്മഭാവന ചെയ്യുന്നത് ശുദ്ധോഹം മുക്കോഹം എന്ന് തന്നെ ഭാവന ചെയ്യുന്നു ആ ഭാവനയ്ക്ക് പിന്നെ വേറെന്നും പോകാനിടവില്ല അതുകൊണ്ട് പറയുന്നെന്താണ് ആത്മാവ് തന്നെ തന്നെ വിലയിക്കുന്നു ആത്മരൂപത്തിൽ തന്നെയുള്ള മനസ്സ് ആത്മാവിൽ തന്നെ വിലയിക്കുന്നു എന്നറിയും അതാണ് ആത്മധ്യാനത്തിന്റെ സവിശേഷത ആത്മധ്യാനത്തിൽ മനസ്സ് ആത്മാവിൽ തന്നെ അവസാനിച്ച് മതിയാകും മറ്റൊരിടത്തേക്കും അതിന് പോകാൻ വഴി പിന്നെ ഇവിടെ പറയുന്നതോ ലേയത്തിൽ പോകുമ്പോൾ അതിനെ ഉണർത്തണം വിഷയത്തിലേക്ക് പോയാൽ അതിനെ പിടിച്ചുകൊണ്ടുവരണം എന്ന് പറയുന്നത് കാരണം അവിടെയൊന്നും ആത്മഭാവനയില്ല ഏത് സമയമാണ് മനസ്സിന് ആത്മഭാവന നഷ്ടപ്പെടുന്നത് ിൽ വിനയത്തിലേക്ക് പോവും അല്ലെങ്കിൽ ഭാഗ്യമായി പോവും ഇവിടെ ആത്മഭാവനയെക്കുറിച്ച് പറയുക ആത്മഭാവനയിൽ മനസ്സ് ഈ ബോധസമുദ്രത്തിൽ നിന്ന് ചെറിയ തരംഗങ്ങളെപ്പോലെ ഉയരുന്നു തിരിച്ചതിൽ തന്നെ വിനയം പ്രാപിക്കുന്നു ഇതാണ് ഇവിടെ പറയുന്ന ആത്മഭാവന ഇത് ധ്യാനം ആത്മധ്യാനം എന്ന് പറയുന്നു മറ്റ് ധ്യാന സമ്പ്രദായങ്ങളെക്കാളും രസമുള്ള കാര്യമാണ് കാരണം ഇവിടെ ധ്യാനിക്കുന്നത് തൻ്റെ തന്നെ സ്വരൂപത്തെയാണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു കൂര് ഇരുട്ടുള്ള ഒരു വനത്തിലെ വെളിച്ചം കാണും പോലെയാണ് അതിൽ ഈ കൂരിരുട്ടെന്ന് പറയുന്നത് എന്താണ് അത് വിലയത്തിലേക്ക് പോകുമ്പോൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഇരുട്ടാണ് മറിച്ച് ബാഹ്യമായ വിഷയങ്ങളിലേക്ക് കാമഭോഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിരുട്ടാണ് അവിടെ തന്നെ ഇരുട്ടാണ് അവിടുത്തെ വിളിച്ചമെന്ന് പറയുന്നത് എന്താണോ ഈ ആത്മഭാവന തൻ്റെ തന്നെ യഥാർത്ഥ സ്വരൂപത്തെ സുദ്ദോഹം മുക്തോഹം എന്നിങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അതാണ് എന്റെ വെളിച്ചം പക്ഷെ ഈ ഭാവനയെ അതിന്റെ വിലയം അല്ലെങ്കിൽ ക്ഷേപം കീഴ്പ്പെടുത്തി കളയും അതാണ് ധ്യാനത്തിന് ഭംഗം വരം ആത്മഭാവനയിൽ നിൽക്കുന്ന മനസ്സിനെ തന്നെ ഈ വിക്ഷേപം സംസ്കാരഹേതുവായിട്ടും അല്ലെങ്കിൽ സാഹചര്യഹേതുവായിട്ട് രണ്ടുകൊണ്ടും വിക്ഷേപം കാമഭോവങ്ങളിലേക്ക് നീക്കുന്നു അല്ലെങ്കിൽ അത് ലേയത്തിലേക്ക് കൊണ്ടുപോകും അതിന്റെ പ്രാഥമികമായ വിദ്യങ്ങളാണ് അടുത്ത് വരുന്ന വിദ്യങ്ങളെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യും രസാസ്വാദം കഷായം അതെല്ലാം ധ്യാനത്തിൽ ഉറച്ച മനസ്സിന് വരുന്ന അന്തരായങ്ങളാണ് വിദിനങ്ങളാണ് ധ്യാനത്തിൽ ഉറയ്ക്കാത്ത മനസ്സിന് വരുന്ന വിദിനങ്ങളാണ് നേരെ ഉറക്കത്തിലേക്ക് പോവുക കാമഭോഗങ്ങളിലേക്ക് പോവുക ഇതെല്ലാം മനസ്സിനത് ചിരപരിചിതമായിപ്പോയി അതുകൊണ്ടാണ് അതന്നെ സാറിന് ചോദിക്കുന്നു എപ്പോഴും ചോദിക്കും ഇതെങ്ങനെ പ്രായോഗികമാകും ആ സംശയം ഏത് മനസ്സിന്നാ വരുന്നത് ഇതെങ്ങനെ അനുഷ്ഠിക്കാൻ പറയുന്നു ഏത് മനസ്സിന്നാ വരുന്നത് കാമഭോഗങ്ങൾ പ്രായോഗികമാണെന്ന് കരുതുന്ന മനസ്സ് അത് മാത്രമേ പ്രായോഗികമാണെന്നാ മനസ്സ് കരുതുന്നുള്ളൂ വേറൊന്നും പ്രായോഗികമല്ല അല്ലെങ്കിൽ സഹജമായ ലയം അതേ പ്രായോഗികമാണെന്ന് മനസ്സ് കരുതുന്നുള്ളൂ അങ്ങനെയുള്ള മനസ്സിനോട് ആത്മഭാവനയെക്കുറിച്ചും മറ്റും പറഞ്ഞ് ചോദിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ആ മനസ്സിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു പല കാര്യങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അതിനെ നേരത്തെ തന്നെ ആചാര്യ സമാധാനം പറഞ്ഞു എന്താണ് അപരിചേതത അസാധ്യമാണെന്ന് തോന്നിയാലും തളരാതെ പരിശ്രമിക്കണമെന്നാണ് പിന്മാറാതെ പരിശ്രമിക്കണം ആത്മധ്യാനം അനായാസം മറ്റ് ധ്യാനങ്ങളിൽ മുഴുകിയിരിക്കുന്നുകൊണ്ടാണ് മനസ്സ് അതിന് ഒരു സന്നദ്ധത കാണിക്കാത്തത് അല്ലാതെ അത് പ്രയാസമായതുകൊണ്ടല്ല പലരും പറയുന്ന എന്താണ് ഇത് വളരെ കഠിനമാണ് കരിമല കയറ്റം കഠിനമന്റെ അയ്യപ്പ പലരും അതാ പറയും ഇത് കഠിനമായത് കൊണ്ടല്ല നമ്മുടെ ശീലം മറ്റു പോയി ഇതിന്റെ കാഠിന്യം കൊണ്ടിരിക്കാനും ആത്മധ്യാനം സഹജവും അനായാസവും സരളവുമാണ് പക്ഷെ നമ്മുടെ മനസ്സും മറ്റു പലതും ശീലിച്ചിരിക്കുന്നു എന്നാ ചോദിക്കും മറ്റു പലതും ശീലിച്ചിരിക്കുന്ന മനസ്സാണെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങോട്ട് കടന്നു വന്നു അതിൽ തന്നെ ശീലിച്ചു പോയാൽ മതിയായിരുന്നു ഈ ചോദ്യ ചിഹ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു ഈ എടാമുടത്തിനൊന്നൊക്കെ വന്ന് ചാടി എന്തിനു പറയുന്നു അതിനുള്ള സംസ്കാരം ഇരിക്കുന്നു കൊടും കാട്ടിലും ചിലപ്പോ ചെറിയ വെളിത്തം കാണും ആ വെളിത്തം ചിലപ്പം മിന്നാമിനുങ്ങിന്റെ ആയിരിക്കും അത് യാദർച്ഛ്യമായിട്ട് വന്നുപെടാമല്ലോ അതാണ് സംസ്കാരമെന്ന് പറയുന്നത് കൊടുങ്കാട്ടില് മിന്നാമിനുങ്ങിന്റെ പ്രകാശം പോലെ സംസ്കാരം കാണും ആ സംസ്കാരം മനസ്സിനെ ആധ്യാത്മിക മാർഗത്തിലേക്ക് നയിപ്പിക്കും പക്ഷെ സാഹചര്യങ്ങളും മറ്റന്തരായങ്ങളും അതിനു പിന്മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതേതുപോലെ കൊടുങ്കാട്ടിപ്പെട്ട ഒരാള് മിന്നാമിനുങ്ങിന്റെ പിറകെ നടന്നു ആ വെളിച്ചം കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതുപോലെയാണ് നടക്കുന്ന കാര്യമാണ് ആ വെളിച്ചം അത് ഏതെങ്കിലും വഴിക്ക് പോകുക അതിന്റെ പോകാനും പറ്റത്തില്ല കാട്ടിന് പുറത്ത് വിന്നാമിനുങ്ങിനെ പിന്തുടർന്ന് വരാൻ പറ്റുമോ എന്നാൽ അതൊരു വെളിച്ചമല്ലേ ആ വെളിച്ചത്തിനെ പിന്തുടർന്നാണ് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നു പക്ഷെ മിനാമിനുങ്ങിന്റെ ആ വെളിച്ചത്തിന്റെ പുറകെ പോകുന്ന സ്വാമി വീണുപോകുന്നതിൻ്റെ അതിശയം ബന്ധമുണ്ടാവും ഏതെങ്കിലും കൊണ്ടിലോ കുഴിയിലോ ചാടിപ്പോകുന്നതിന് ആരെയെങ്കിലും വഴിച്ചിട്ട് കാര്യമുണ്ടോ കാരണം ദുർബലമായ സംസ്കാരങ്ങളും ആധ്യാത്മിക മാർഗത്തിലൂടെ നടത്തിക്കാം പ്രേരണ കൊടുക്കാം പക്ഷെ അതുപോരാ പ്രബലമായ സംസ്കാരത്തെ അതിനെ ആശ്രയിച്ചുണ്ടാക്കണം അതുണ്ടാക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞില്ലേ അപരിഖേദ തളരാതെ പരിശ്രമിക്കുന്നതിനേ ഉണ്ടാവും അങ്ങനെ പരിശ്രമിക്കാൻ തയ്യാറായാൽ അപ്പൊ അവന് തോന്നും എന്താണ് ഇതൊക്കെ പ്രായോഗികമാണോ അങ്ങനെ എത്ര പേർക്ക് തോന്നും ഇത് പ്രായോഗികമാണോ ഇവിടെ ഇത്രയും മഹാനായൊരാചാര്യൻ നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നില്ല ഇത് പ്രായോഗികമാണ് അതിനാൽ നമ്മുടെ സംസ്കാരം ദുർബലമാണെന്നും ആചാര്യൻ പറഞ്ഞ രീതിയിൽ നമ്മൾ പ്രയത്നിക്കുന്നുമില്ല എന്നിട്ട് നമ്മൾ പറയുന്നു ഇതൊന്നും പ്രായോഗികമല്ല നമ്മൾ കരുതുന്നു അതുപോലെ ഇത് അനായാസമായ കാര്യമാണ് പരിശ്രമിക്കാൻ തയ്യാറുള്ളത് അത് ഇത്രയും വലിയൊരു കാര്യം ചെറിയ എന്റെ പ്രയത്നം കൊണ്ട് എങ്ങനെ സാധിക്കും എന്നാണ് അതന്നെ പക്ഷികളുടെ ഉദാഹരണം പറഞ്ഞത് പക്ഷികൾ നിസ്സാരക്കാരാണ് ഒരിക്കലും അവരുടെ പ്രയത്നം കൊണ്ട് സമുദ്രത്തെ പറ്റിക്കാനൊക്കത്തില്ല അത് അസാധ്യമായ കാര്യം തന്നെയാണ് പക്ഷെ അവര് പരിശ്രമം തുടർന്നാണ് സമുദ്രം പറ്റും പരിശ്രമം കൂടാതെ സാധ്യ അതാണ് ആ കഥയിലൂടെ പറയും അവരുടെ പരിശ്രമം കൊണ്ടാണോ സമുദ്രം പറ്റിയെന്ന് ചോദിച്ചാൽ അല്ലെന്നങ്ങനെ പറയാൻ പറ്റുമോ അവർ പരിശ്രമിക്കാതിരുന്നെങ്കിൽ സമുദ്രം പറ്റുമായിരുന്നു എന്നാലവർ പരിശ്രമിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്നും നമുക്ക് പറയാം കാരണം അവിടെ ഭഗവാൻ തന്നെയാണ് അത് പറ്റിച്ചത് അതതിന്റെ രണ്ടാം അധ്യായമാണ് അവസാനത്തെ അധ്യായമാണ് പക്ഷെ ഒന്നാം അധ്യായം എങ്ങനെയാണ് അവയുടെ പരിശ്രമമാണ് ബാക്കിയെല്ലാം അവിടെ വന്നുചേരും ഫലത്തിൽ അവന് സ്വാതന്ത്ര്യമില്ല നിയന്ത്രണമില്ല അത് മറ്റ് നിയന്ത്രണത്തിന് അധീനമാണ് അതുകൊണ്ട് ഈ പക്ഷികൾക്ക് ചെയ്യാനുള്ളത് വളരെ കുറച്ചു മനോനിയന്ത്രണത്തിനെ സംബന്ധിച്ച് ജീവന് ചെയ്യാവുന്ന കാര്യം വളരെ നിസ്സാരമാണ് ഏതുപോലെ ഒരു സമുദ്രത്തെ പറ്റിക്കുന്നതിനാ പക്ഷിയൊക്കെ എന്തായിരുന്നു അവരുടെ ജോലി വളരെ ചെറിയ ജോലിയവര് ചെയ്തിട്ടുള്ളു സമുദ്രത്തിന്റെ ഗഹനതയും അപാരതയും അനന്തതയും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവര് ചെയ്ത ജോലിയല്ല വളരെ തുച്ഛമായ ജോലി നിസ്സാരമായ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത്രേ അവന് ചെയ്യാനുള്ളൂ ഇത്രേ അവന് ചെയ്യാനും കഴിയും ആ പക്ഷികൾ പ്രവർത്തിച്ചതും ബാക്കിയെല്ലാം മറുഭാഗുന്നവരേ ഉള്ളൂ പക്ഷെ താൻ ചെയ്യേണ്ടത് വളരെ തുച്ഛവും നിസാരവുമായ ജോലിയാണെങ്കിലും അത് വാശിയോടുകൂടി ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷികൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചതെന്താണ് ഇത് അപ്രായോഗികമാണോ ില്ല കാരണം അവർക്ക് ബുദ്ധി കുറവായിരുന്നു യുക്തിയും കുറവായിരുന്നു അതുകൊണ്ട് അവരതിന്റെ പ്രായോഗികതയെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല അതുകൊണ്ട് എന്ത് അവര് കണ്ണടച്ച് പരിശ്രമിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായതായും ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധ്യമായി അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ അവിടെ തന്നെ ചെല്ലണം ആത്യന്തികമായി ഫലം ഈശ്വരാനുഗ്രഹത്തിലൂടെ സാധ്യമാവും ഏതെന്റെ ഫലം ഇവിടെ മനോനിഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത് മനോനിഗ്രഹം അങ്ങനെ സാധ്യമാവും സാക്ഷാത്യരുടെ ഭഗവാൻ തന്നെ വരണം എന്നാലേ അത് സാധ്യമാകും അത് ഇവിടെ ഈ പക്ഷേ താൻ ചെയ്യേണ്ട ഭാഗത്ത് ഇത് അസാധ്യമാണെന്നുള്ള കഴിഞ്ഞാൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകും അത് സാധ്യമെന്ന് ഗുരുവം പറയുന്നു എന്താണ് തത്വം വളരെ വലുതാണ് ബ്രഹ്മം വളരെ ക്ഷേമമാണ് പക്ഷെ എനിക്കിതെങ്ങനെ സാധ്യമാണ് എന്നാ അവിടെയാണ് നമ്മൾ ആ പക്ഷികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല ഇത് അസാധ്യമാണെന്ന് കരുതിയില് സാധ്യമാകുമെന്ന് തന്നെ കരുതി നമുക്ക് പറ്റുന്ന തകരാറെന്താണ് നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കണം പരിശ്രമം കൊണ്ട് സാധിക്കണം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ നമ്മുടെ അഹന്തയെ മുൻനിർത്തി ചിന്തിക്കും ഞാനിത് സാധിക്കും എന്റെ പരിശ്രമം കൊണ്ടെന്ന് കരുതും ഇവിടെ ആവശ്യപ്പെടുന്ന അഹന്തയെ ത്യജിച്ചിട്ടുള്ള പരിശ്രമമാണ് പക്ഷികളാ ചെയ്തു അവരവരുടെ കഴിവിനെക്കുറിച്ചും ചിന്തിച്ചില്ല അവരുടെ പരിമിതിയെക്കുറിച്ചും ചിന്തിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മനസ്സിൽ സമുദ്രത്തെ പറ്റി ചെയ്യുക തനിക്കത് സാധ്യമാകുമോ ആകെയില്ല അതൊന്നും ചിന്തിച്ചില്ല നീതി എന്ത് ചെയ്തു അത് സാധ്യത പ്രായമാക്കി പക്ഷികളെ സംബന്ധിച്ചിടത്തോളം സാധകനെ സംബന്ധിച്ചു അതാ സംഭവിക്കുന്നു പക്ഷെ അവിടെ താൻ ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് സാധ്യമല്ല അത് അപാരമായ സമുദ്രത്തിന്റെ കരയിലിരുന്നു കൊണ്ട് ഒരാൾ സമുദ്രത്തെ തരണം ചെയ്യുന്നതിനെ കുറിച്ച് മനക്കോട്ട് കെട്ടുന്നതുപോലെയാണ് എങ്ങനെ സമുദ്രത്തെ തരണം ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും ചിന്തിക്കാം അവിടെ നീന്തും വള്ളം കൊണ്ടോ കപ്പൽ കൊണ്ടോ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ജലത്ത് പറ്റിച്ചിട്ടോ ഇങ്ങനെ ഭാവന ചെയ്യാം പ്രവൃത്തി ഉണ്ടാകാതെ ഭാവന ചെയ്യുന്നുകൊണ്ട് കാര്യമില്ല ഉദ്യമിക്കണം അതുപോലെ ഇവൻ ആത്മഭാവനയ്ക്ക് തയ്യാറാണ് ആത്മഭാവനയ്ക്ക് തയ്യാറാവുമ്പോൾ ബാക്കിയുള്ളത് സംഭവിക്കും ആത്മഭാവനയോടുകൂടി ആ മനസ്സ് ആത്മാവിനോട് തന്നെ ഏകീഭവിക്കുന്നു അവിടെ പ്രാഥമികമായി വരുന്ന രണ്ട് വിഘ്നങ്ങൾ ഒന്ന് മനസ്സ് വിരയിക്കുക മറ്റൊന്ന് കാമഭോഗങ്ങൾ കൊണ്ട് വിക്ഷിപ്തമാകുക ഈ രണ്ടിൽ നിന്നും മനസ്സ് മുക്തമായി ആത്മാഭിമുഖമായി തന്നെ മനസ്സിന്റെ പ്രവാഹം സംഭവിക്കും അവിടെയാണ് അടുത്ത് വരുന്ന രസാസ്വദം കഷായം തുടങ്ങിയ വിഘ്നങ്ങൾ സംഭവിക്കുന്നത് രണ്ടാമത് വരുന്നത് അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതേ ഇവിടെ പറയുന്നത് വിഷയത്തിൽ നിന്നുള്ള വ്യാപൃത്തിയും മനസ്സിന്റെ ഉണർവുമാണ് ആത്മഭാവന നിലനിർത്തുന്നതിനുള്ള ഉണർവ് മനസ്സിൽ വേണം അതിനാണ് സുഹൃത്തിയെ നിരോധിക്കണമെന്ന് പറയുന്നത് ആ ഉണർവ് നിലനിന്നു കഴിഞ്ഞാൽ മനസ്സിൽ ഈ ഭാവന ര്യമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നൈരന്തിര്യമായി സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സ് ആത്മാഭിമുഖമായെന്ന് പറയാം എവിടെ നിന്നാണോ അത് സ്പന്ദിച്ചത് അവിടേക്ക് തിരിച്ച് എന്റെ യാത്ര തുടങ്ങിയെന്ന് പറയാം അങ്ങനെ വരുമ്പോൾ അതിന് പിന്നെ വിലയിക്കുകയല്ലാതെ വരെ നിവർത്തി ഒരു തിരമാല സമുദ്രത്തിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുന്നതിനൊരു പരിമിതിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ ഇട്ട് പലക്കിയല്ല വേറെ വഴിയില്ല അതുപോലെ ഏതൊരു തിരികെ നിന്നാണോ ഈ സ്പന്ദനങ്ങൾ ഉയർന്നു പൊങ്ങിയത് തിരിച്ചു അതിലേക്ക് പിടിക്കുക അല്ലാതെ ഈ സ്പന്ദനങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ ആ അതിനാണ് നിഷ്പന്തത സമാധി എന്നെല്ലാം കുറിച്ചാണ് ഇവിടെ പറയുന്നത് സമയ വിക്ഷിത്തം കാമഭോഗു സമയ പുനഃ ചിത്തം മനയിത്യാനർത്ഥാന്തരം ചിത്തം എന്നോ മനസ്സെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാണ് അതിനൊന്നും പല എടുക്കരുത് മനസ്സിനാണ് അഭ്യാസങ്ങൾ നടക്കുന്നത് അത് കാമഭോഗങ്ങളിലേക്ക് പോകും ധ്യാനിക്കുമ്പോൾ കാമഭോഗങ്ങളെന്ന് പറയുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ഏത് വികാര വിചാരങ്ങളുമാകാം അവിടെ നിന്നാണ് ശ്രമിപ്പിക്കണം പുനഃ പുന അഭ്യസ്തത പറഞ്ഞല്ലോ ആദ്യത്തെ രണ്ട് പ്രതിബന്ധങ്ങളെയും പൂർണമായിട്ടുള്ള ഒരു പരിധിവരെ തരണം ചെയ്തു കഴിഞ്ഞാൽ ലയാസംബോധിതം വിഷയഭ്യസ് വ്യാവർത്തിതം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് വ്യാവർത്തിക്കുന്നു മനസ്സിന് രുചിയുണ്ടാകുന്നു ആത്മധ്യാനത്തിന് പരിശ്രമിക്കാൻ മനസ്സിന് താൽപ്പര്യം വരുന്നു അത് പ്രായോഗികമാണോ അല്ലയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനല്ല ആ സമയം കൂടി ചെയ്യേണ്ട കാര്യം ചെയ്യാം നടക്കുമോ നടക്കത്തില്ലയോ കാരണം ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിനുള്ള പ്രചോദനം മനസ്സിൽ തന്നെ ഉണ്ടാകും അങ്ങനെയാണ് അടുത്ത് പറയാൻ പോകുന്ന രസാസ്വാദം എന്നൊക്കെ പറയുന്നത് ആത്മഭാവന ആനന്ദകരമായി അനുഭവപ്പെടുമ്പോൾ മനസ്സ് പിന്നെ പിൻവാങ്ങത്തില്ല അവിടെ നിൽക്കാൻ പാടില്ലെന്നേ ഉള്ളൂ ഒരിക്കലും മനസ്സ് പിൻവാങ്ങുന്ന പ്രശ്നമേയില്ല മനസ്സ് സഹജമായി പോകുന്ന ഈ സുഷുതിയിൽ നിന്നും ഉണർന്നിരിക്കാൻ കഴിയുമെന്ന് മനസ്സിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ആ പോകാൻ ആഗ്രഹിക്കത്തില്ല ധ്യാനിക്കുന്ന സമയത്ത് അല്ലാത്ത സമയ മനസ്സിൽ ക്ഷീണം വന്നാതെ ഉറങ്ങും ധ്യാനം എന്ന് പറയുന്നത് ക്ഷീണിക്കുന്ന കാര്യമില്ല അത് അനായാസമാണ് മറ്റെന്തെങ്കിലും ധ്യാനം വേണമെങ്കിൽ ക്ഷണിക്കും ഇത് ക്ഷീണിക്കുന്ന കാര്യമില്ല അതുകൊണ്ട് നയാ സംബോധിതം വിഷയഭ്യസ വ്യാവർത്തിതം ഈ രണ്ടു കാര്യങ്ങളും മനസ്സിൽ സംഭവിച്ച അത് മുമ്പ് പറഞ്ഞു എന്താണ് ആത്മജീവ ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചുണ്ട് അല്ലാതെ അല്ല മെഴുകുതിരി കൊടുത്തി വെച്ചിട്ട് ധ്യാനിച്ചിട്ട് അതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കരുത് അതൊന്നുതന്നെ ഇവിടെ ധ്യാനം എന്ന് പറയും ഇവിടെ ലയത്തിൽ നിന്ന് സംബോധിതവും വിഷയങ്ങളിൽ നിന്നും വ്യാപർത്തിച്ചതുമായ മനസ്സ് പക്ഷെ അങ്ങനെ വരുന്ന മനസ്സ് എന്താണ് അവിടെയും മനസ്സിൽ ഭാവന തുറന്നുകൊണ്ടിരിക്കുന്നത് ം മനസ് അവിടെ സാമ്യതയെ പ്രാപിക്കുന്നില്ല സാമ്യം എന്ന് പറഞ്ഞാൽ എന്താണോ എവിടെ നിന്നാണോ മനസ്സ് സ്പന്ദിച്ചുയർന്നത് അവിടെ മനസ്സ് സ്പന്ദരഹിതമായി നിൽക്കുന്നില്ല സ്പന്ദരഹിതമായാൽ പിന്നെ പ്രത്യേകിച്ച് മനസ്സും നിൽക്കുന്നില്ല അതാണ് അതിന്റെ പരമമായ അനുഭൂതി എന്ന് പറയുന്നത് അനുഭൂതിയിലെത്താതിരിക്കുന്നു എന്നല്ല സാമ്യത്തെ പ്രാപിക്കുന്നുണ്ട് ഭാവന ചെയ്യുമ്പോഴും മനസ്സ് ചലിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക് മറ്റു ഭാവനകൾ കയറിയും വരുന്നുണ്ട് അതുപോലെ ഭാവനയ്ക്ക് അവിടെ ദൃഢം വരണമൊന്നുമില്ല താൻ ശുദ്ധനാണ് ഭാവന ചെയ്യുമ്പോൾ അത് വെറും ദുർബലമായ കൽപ്പനകളാകും ആകാം അങ്ങനെ സംഭവിക്കാം അവ്യക്തമായ ഭാനങ്ങളാകാം അതുപോലെ ഭാവനയ്ക്കുമുണ്ട് ദാർഢ്യം എന്ന് പറയും ഭാവനാ ദാർഢ്യം എന്ന് പറയുന്നത് എന്താണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ നല്ല പ്രകാശത്ത് കാണും അല്ലെങ്കിൽ എന്റെ കണ്ണിൽ തിമ്മിരദോഷമൊന്നും ഇല്ലാതെ കാണും ഇതേ വസ്തുവിനെ തന്നെ എനിക്ക് മങ്ങിയ വെളിച്ചത്തിനും കാണാം തിമിരദോഷത്തിലൂടെയും കാണാം അതുപോലെ മനസ്സിന്റെ ആത്മഭാവനയ്ക്കുമുണ്ട് വ്യത്യാസം ആത്മഭാവന ചിലത് വളരെ ദുർബലമായിട്ടായിരിക്കും സംഭവിക്കുന്നത് കണ്ണ് ബാഹ്യമായ വസ്തുക്കൾ കാണുന്നതുപോലെ മനസ്സും കാണുന്നുണ്ടല്ലോ മനസ്സിന് തിമിരമുണ്ടെങ്കിൽ മനസ്സിന്റെ കാഴ്ച ശരിയാകത്തില്ല അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ശാസ്ത്ര ആചാര്യ സംസ്കൃതമായ മനസ്സ് ആത്മദർശന ക്ഷമം ഭവതി ആചാര്യസമയങ്ങളും പറയും ആത്മദർശനത്തിൽ ക്ഷമമായ മനസ്സ് അങ്ങനെയുള്ള മനസ്സിന് മാത്രമേ ആത്മഭാവന ദൃഢമായി സംഭവിക്കത്തുള്ളൂ അല്ലെങ്കിൽ ദുർബലമായ ഭാവനകളായിരിക്കും ദുർബലമായ ഭാവനകൾ ആവർത്തനം കൊണ്ടേ ദൃഢമാകത്തുള്ളു അങ്ങനെ ദൃഢമായ ഭാവനകൾ എപ്പോഴാണോ അസ്പന്ദമായി തീരുന്നത് പറഞ്ഞല്ലോ ആ സമുദ്രത്തിലെ തിരകൾ അതിലേക്ക് തന്നെ വിനയിക്കുന്നത് അത് നമ്മൾ കാണുന്നുണ്ടല്ലോ ശക്തമായ തിരകളും വരും ദുർബലമായ തിരകളും വരും അതുപോലെ ഇത് ശക്തമായ ഭാവന ശക്തമായ ഭാവനയിലെന്താണോ ആ ഭാവനയിൽ തന്നെ താൻ ശുദ്ധനാണ് എന്ന് ഭാവന ചെയ്യുമ്പോൾ ശുദ്ധിയെ അവൻ അനുഭവിക്കാൻ കഴിയും താൻ ആനന്ദ സ്വരൂപനാണെന്ന് ഭാവന ചെയ്യുമ്പോൾ ആനന്ദത്തെ അവൻ അനുഭവിക്കാൻ കഴിയുന്നു അത് പരമാർത്ഥമല്ല പക്ഷെ അത് അനുഭവിക്കാൻ കഴിയും താൻ നിത്യനാണെന്ന് ഭാവന ചെയ്താൽ തന്റെ നിത്യതയെ അനുഭവിക്കാൻ കഴിയുന്നു അതാണ് ദൃഢഭാവന ആ ദൃഢഭാവനമുണ്ട് ദൃഢഭാവനയ്ക്ക് വേറെയും പല സവിശേഷതകളുണ്ട് ആ ദൃഢ ഭാവനയിൽ സംശയങ്ങളൊന്നും വരത്തില്ല ഭ്രാന്തികൾ വരത്തില്ല നിത്യനാണെന്ന് ഭാവന ചെയ്യുമ്പോൾ ഭാവന ദുർബലമാണെങ്കിൽ ആ ഭാവന ശരീരത്തിലേക്ക് വരും ശരീരം നിത്യമാണെന്ന് തോന്നിപ്പോവും അല്ലെങ്കിൽ മനസ്സ് നിത്യമാണെന്ന് തോന്നിപ്പോവും ശരീരത്തിനും മനസ്സിനും എല്ലാപ്പുറമുള്ള ആത്മാവ് അതിൽ തന്നെ നിത്യശുദ്ധ മുക്ത ഭാവന ദൃഢമായി വരണം അത് അഭ്യാസം കൊണ്ട് സാധിക്കുന്നതാണ് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഭാവന വന്ന് സാമ്യാവസ്ഥയെ പ്രാപിക്കാതെ വന്നുകഴിഞ്ഞാൽ സാമ്യാപന്നം നാഭിസാമ്യാപന്നം അന്തരാളാവസ്ഥം അതിന്റെ ദുർബലമായ അവസ്ഥകളെയൊക്കെ പിന്നിട്ട് ദൃഢമായ അവസ്ഥയിലേക്ക് പോയി പക്ഷെ അത് സകാശായും ശരാഗം ബീജ സംയുക്തം മന ഇതിവിധാനീയ അവിടെ സകാഷായം വിജാനിയ അങ്ങനെ വരുന്ന സമയത്തും കഷായാവസ്ഥ മനസ്സിൽ വരുമെന്നാണ് കഷായാവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞു രാഗത്തോടു കൂടിയിരിക്കുന്നതാണ് ഈ കഷായാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് അത് ഏതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സസ്യങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു സത്സംഗം ശ്രമിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു ഉറങ്ങുന്നത് മോശമാണെന്ന് വിചാരിക്കുന്നു നാലുപേരും ഇതിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ എന്ത് വിചാരിക്കും സത്സംഗം കേൾക്കുമ്പോ ഞാൻ ഉറങ്ങുന്നവനാണ് പ്രത്യേകിച്ച് സ്വാമി താനെന്തോ സ്വാമി എന്ന് ആരെങ്കിലും ചോദിച്ചാലോ അതുകൊണ്ടാ മനസ്സിനെ ഉണർത്താൻ ശ്രമിക്കുന്നു അപ്പോ മനസ്സീറോ പാട്ട് ബൾബ് പോലെ പ്രകാശിച്ചു ചെറിയ ഒരു പഠിച്ചു ഇവിടെ എന്തോ നടക്കുന്നതുപോലെ തോന്നും പക്ഷെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നതായിട്ട് അനുഭവത്തിനും വരത്തില്ല എന്നാ സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അതൊട്ട് പറ്റുന്നുമില്ല അങ്ങനെ മനസ്സിനൊരു സ്ഥിതി ഉണ്ടല്ലോ അതിനൊരു സകാശായും പറയും ഒരവ്യക്തത വ്യക്തതയില്ലായ്മ ഇത് കഴിഞ്ഞിട്ട് സത്സംഗം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇന്നത്തെ സത്സംഗത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ബഹു കേമമായിരുന്നു എന്താ കേമെന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ദഹനമായ കാര്യങ്ങളാ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അല്ല താനിങ്ങനെ ഇരുന്നുണ്ടെന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളുടെ ദഹനത കൊണ്ട് എന്താണ് നടന്നതെന്നുള്ളത് എനിക്ക് ശരിക്ക് പിടികിട്ടാൻ പറ്റില്ല ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റിയ കാര്യങ്ങളാണ് പറയുന്ന ആണുള്ള താനെങ്ങനെ ഇരുന്നത് കഷായ അവസ്ഥയിലായിരുന്നു ഇരുന്ന കഷായാവസ്ഥ ഉറക്കമായിരുന്നു എന്ന് ചോദിച്ചല്ല ഉണർന്നിരുന്നു എന്ന് പിന്നെ എങ്ങനെ ഇരുന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനും പോയ ഇതാണ് കഷായം ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് കഷായ കൈക്കൊള്ളൊന്നുള്ള അർത്ഥം ബീജ സംയുക്തം സമയ സമപ്രാതം ചല